തീർച്ചയായും സത്യനിഷേധികൾക്ക് ഭൂമിയിലുള്ളതെല്ലാം അതിന്റെ ഇരട്ടി കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അതുപയോഗിച്ച് പുനരുദ്ധാന ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം തേടാൻ അവർ ശ്രമിച്ചാലും അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്